Mara, ayina mara Mara, ayina mara Mara, ayina mara In a mara, ayina Mara, ayina mara yana mara Mara, ayina mara Yana mara It's like this good name. Okay기�ерхspeَ Can I get this first kasih in this Focus? Before we leave youku Yoz Maggirl Mag Kommung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 narayana narayana narayana narayana narayana narayana narayana narayana narayana narayana narayana narayana narayana narayana narayana narayana saruvatra ഗോവിന്ദനാമസീർത്തോവിന്ദ ഗോവിന്ദ ഓച്ചചൈതന്യൂപ തദ്യം ഇത് ധീമഹി ബുദ്ധിം പ്രചോദയാൽ അമേ ിതീ നിത ശാരോ യത്രൈകോ വിലസിതം അസിതംഗശോഭം വൃന്ദവ്തയാമുനഗാംഗസംഗം രാധാമുകുന്ദയുഗളം തദ്ഹം നമാമേ രാധാമുകുന്ദയുളം തദഹം നമാമി രാധാമുകുന്ദയുളം തദഹം നമാമി ഒറ്റ തുളിം തുളുമ്പും കുളിർ കൈകളിൽ കാന്തിയേറും കരിമ്പെന്നിവ പലമിഴി ചിന്നുന്ന ചിഹ്നങ്ങളോടും തെറ്റെന്നേറ്റം തെളിഞ്ഞ് ഉൾക്കനിവടും ഇടപ്പിള്ളിയുണ്ണി ഗണേശൻ തെറ്റൊന്നിങ്കൽ പെട വിരവിൽ വിലസണം മുത്തൊടാതേ ശ്രീ മഹാഗണപതേ നമ അവിഘ്നസ്തു ശുഭം കർമ്മസ്രണമയ്യപ്പമി ശരണമയ്യപ്പമി ശബരിമലയിൽവാഴും സ്വാമീ ശരണം ശാരണമയ്യപ്പമി ശാരണമയ്യപ്പസ്വാമി ശബരിമാലയിൽവാഴും സ്വാമി ശാരണം ശ്രീമൽ ഭാഗവതം നന്നായി പാടുവാനും കേൾക്കുവാനും ശ്രീമാണാള പ്രേമാമൃതം ൂകരുവാനും ശരണമയ്യപ്പസ്വാമി ശരണമയ്യപ്പസ്വാമി ശബരിമാലയിൽവാഴും സ്വാമി ശരണം സാമോദം നിൻപാദൽമം സീമവി to save you I'm my I'm I'm I'm I'm I'm I'm I'm I'm I'm I'm I'm I'm काम क्रोधादि गलायिम वादादि गलायूमुल्लोरामयंगल ओणिन्नेम आनन्दिकयानम शरणामय्य പ സ്വാമി ശരണമയ്യപ്പ സ്വാമി ശബരിമലയിൽവാഴും സ്വാമി ശരണം സീമാതീത സൗഖ്യമോടെ കാമിതങ്ങൾ നീറവേറി മാമൃതം സേവി ും കഴിയുവാനും ശരണമയ്യപ്പമി ശരണമയ്യപ്പസ്വാമി ശബരിമാലയിൽവാഴും സ്വാമി ശരണം വാതാഥനാകും താവാ മാതാവിൻ്റെ വാത്സല്യമി പൈതങ്ങളാം ഞങ്ങളിലും ഊദിക്കുവാനും ശാരണമയ്യപ്പസ്വാമി ശരണമയ്യപ്പസ്വാമി ശബരിമലയിൽ വാഴും സ്വാമീ ശരണം ഭൂത സദാനന്ദ സർവഭൂതദയാ പരാ ജാതകൃപമോരുവാരളിടേണം ശരണമയപ്പമി രണമയ്യപ്പമി ശബരിമാലയിൽവാഴും സ്വാമി ശാരണം മാധുരീ പൂജാരിത്തെ വാഴ്ത്തുവാനും ആടിയങ്ങൾ കവിടുത്തെ ഭരിക്കുവാനും sharana mayya paswami sharana mayya paswami sabari malail vaalum swami sharanam aade malar കണ്ണുനീരാൽ കഴുകിച്ചു നാമിപ്പോരിയാടിയാരിൽ അലിയണേ ധർമ്മശാസ്താവേ ശാരണമയ്യപ്പസ്വാമി ശാരണമയ്യപ്പസ്വാമി ശബരിമാലയിൽ വാഴും സ്വാമീ ശരണം ഊരു താര ഭക്തിയോടും തൂരുതൂരേ വരും നോർക്കൂ തേരു തേരേ വാരം കോരി ചോരിയും ഗൂരോ രണമയ്യപ്പമി ശാരണമയ്യപ്പസ്വാമി ശബരിമാലയിൽവാഴും സ്വാമി ശരണം ഗുരുവായൂരപ്പനൂടെ ശാരണാബ്ജദദാസ്യമെന്നും taruvanaai veendum veendum iranneedunne sharanamayya paswami sharanamayya paswami sabarimalail vaalum swami sharanam swami യപ്പ സച്ചിദനന്ദയ വിശ്വോൽപ്പതിഹേതവേ താപത്രയവിനായ നാരായണം നമസ്കൃത് നരം ജൈവനരോത്തം രസ്വതീ വ്യാസം തോ ജയുദീരയിൽ ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗ്രണേദം പ്രണതോസ്മ സദാ ശിവം മംഗളമംഗലേ ശി സർവാത്ഥസാധികേ ശരണ്േ ത്രയംബകൗരീ നാരായണി നമോസ്തു വാഗർവിവ സംവൃത്തൗ വാഗർഥ പ്രതിപത്തേ ജഗത പിതരോ വന്ദേ പാർവതീ പരമേശ്വരോ കോമളം കൂജയവേണു ശ്യമോയം കുമാരകേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ ോതി വാചാ പങ്കു ലംഘയതേ ഗിരി എൽകൃപ്തമഹം വന്ദേ പരമാനന്ദമാധവംകൃപ്പണമസ്തു കായ മനസേന്ദ്രിയൈർവുദ്ധ്യാത്മന പ്രകൃതയസ്വഭാവാൽ കോമി യൽ സകലം പരസ്മൈനാരായണയേധി സമർപ്പമീ ഓ നമോ നാരായണായഖില ഗുരു नमस्ते. ഭഗവേ നാരായണ അഖിളഗുരോ ഭഗവേ നാരായണിഗുരോ श्री. ഉച്ച വൃഥാ ഖേദയസേ ബാലേ ിരാ കഥം ശ്രീകൃഷ്ണകരണം ഭോജം സ്മര ദുഃഖം ഗമ്യതി ദ്രൗപദീ പരിത്രയ കൗരവകാലിതോപുന്ദര്യ സൃഷ്ണ കിഗത ംഭ സതതും പ്രാണതോധി കാഹൂതസ്തു ഭഗവാൻ യാതി ൃയുഗേ ബോധവൈരാഗ്യോ മുക്തിസകോ കലൗതു കെയസാജ്യകരിശിത്യ ചിദ്രൂപ സദ്രൂപം ത് സർജനന്ദചിന്മൂർത്തി സുന്ദരീം കൃഷ്ണവല്ലം ദ്ധ്വാജലിം ത്യാ പൃഷ്ടം കീതിാപയൽ കൃഷ്ണോമൽ ഭക്താ പോഷയേതി അംഗീകൃതം ത്രയാ തദ്വൈ പ്രസന്നോ ഭൂൽ ഹരിതാ മുക്തിഭ്യം ജാനവൈരാഗ്യകാവിമ പോഷണം സ്വന േ വൈകുണ്ഠേ ം കോഷി ച ഭൂമൗ ഭക്തവിപോഷായൂപം ത്യാ മുക്തിരക്തി ഭുവിപര സന്ദം മഹാനന്ദന സംസ്ഥിത കലൗ മുക്തിഷംമയ പീഡിത ധാജയാ ഗതാ ശീം വൈകുണ്ഠം പുനരേവസാ സ്മൃത ത്രയാത്ര മുഖ്യ ആയാതിാതി പുത്രീകൃത്യേ മൗ ച പാർവ്വസ്വ രക്ഷിതൗ ഉപേക്ഷാകലൗ മന്ദോ വൃദ്ധ ജാതൗ സുതൗ തവ തിന്തയാമ്യഹം കലിന്നദൃശോസ്തി വരാനിഷ്യാ ഗേഹേ ഗേഹേ ജനേ ജനേ അന്യധർമാം സ്ഥിരസ്കൃത്യ പുരസ്കൃത് മഹോത്സവാൻ താമാഹം ഹരെർദാസോ ലോകേ ത്പ്രവർത്തേ ജീവാഭവിഷ്യലാവിഹ പാപി ീ നിർഭയം കൃഷ്ണമന്തിരം യിത്തെ വസേഭക്തിമരുണി നശ്യാശം സ്വപ്ന അമലമൂർത്തേതോ നിശാചോ രാക്ഷോ വസുരോ ഭക്തിയുക്തമനസ്കർശന നവേൽ നോഭി േദൈശ് നമ്മണ ഹരി സാധ്യത ഭക്ത പ്രമാണം തോപിഗന്മസഹസ്രേണ ഭീതിരിയത കലൗ ഭക്തി കലൗ ഭക്തി ഭക്യാണപുരസ്ഥിതീർ അലം യോഗ അലം ജ്ഞാന ഭക്തി ഭക്തി ഏകൈവ മുക്തി ശ്രീമത് ഭാഗവതത്തിന്റെ സന്ദേശത്തിന്റെ ചുരുക്കം അതാണെന്ന് തോന്നുന്നു മനുഷ്യന് പ്രാരബ്ധ കർമ്മ ബന്ധങ്ങളിൽ നിന്ന് മുക്തി കിട്ടണം എന്ന് പൊതുവേ ഒരു താല്പര്യമുണ്ട് പ്രത്യേകിച്ചും അല്പം സത്വഗുണ പ്രധാനികളായ മനുഷ്യർക്ക് പക്ഷേ എങ്ങനെയാണ് ഈ പ്രാരബ്ധകർമ്മങ്ങളിൽ നിന്ന് മുക്തരാവുക എന്നതിനെക്കുറിച്ചാണ് വേണ്ടത്ര അവബോധം ഇല്ലാത്തത് ശ്രീമത് ഭാഗവത നമുക്ക് നൽകുന്ന സന്ദേശം ഭക്തിരേഖയുവക്തി ഏത് പ്രാരബധങ്ങളിൽ നിന്നും മനസ്സിന് മോചനം കിട്ടാൻ ഭക്തിയാണ് ഏറ്റവും സഹായകമായ ഒരേയൊരു വഴി പ്രമാണം തത്ര ഗോപികാ അതിന് ഏറ്റവും വലിയ ഉദാഹരണം ഗോപിമാരാണ് ഗോപിമാരെ സംബന്ധിച്ചിടത്തോളം തേ നാധീത ശ്രുതിഗണാഹ നോപാസിത മഹത്തമാവ്രതാഹ അതപ്തപസ യാതൊരുവിധ സാധനാനുഷ്ഠാനങ്ങളും ചെയ്തിട്ടുള്ളവരല്ല അവർ എല്ലാ ജോലികളും ഒരു കുടുംബ പ്രാരബങ്ങൾ മുഴുവൻ അവർക്കുണ്ട് പ്രഭാതത്തിലെണീറ്റാൽ അല്ല വിളക്ക് കൊളുത്തുക മുറ്റടിക്കുക പശുവിനെ കറക്കുക കറന്ന പാൽ തിളപ്പിക്കുക അത് കുട്ടികൾക്ക് കഴിക്കാൻ കൊടുക്കുക എന്നു വേണ്ട സാധാരണ ഒരു ഒരു കുടുംബത്തിൽ ഉള്ള എല്ലാ പ്രാരബ്ധങ്ങൾക്കും അതും ഉണ്ട് അതും ധനിക കുടുംബത്തിൽ പെട്ടവരല്ല ഗോപിമാർ കേവലം സാധാരണക്കാരിൽ സാധാരണക്കാരായ സ്ത്രീകളാണ് അവർ അവർക്ക് കുടുംബത്തിൽ സഹായത്തിന് മറ്റൊരു ആരെങ്കിലും നിൽക്കുക വക ഏർപ്പാടൊന്നുമില്ല എല്ലാ ജോലിയും അവർ തന്നെ ചെയ്യണം പ്രത്യൂഷീതരായി കൈകഴൂകി ഭദ്ര ദീപം കത്തിച്ചൂടൻ കട്ടത്തൈർ കടഞ്ഞിടുമ്പോൾ ആമോദമോടമ്പാടിയിൽ പെൺകീടാങ്ങൾ പാടിയിടുന്നു രാമകൃഷ്ണ ദാമോദരാ എന്നിപ്രകാരം ബാലസൂര്യ രശ്മിജാലം ഒത്താ പൊന്നിൻ ചൂലൂ കൊണ്ടു കാലത്തണിമുറ്റമെല്ലാം അടിച്ചിടുമ്പോൾ േമസ്മിതമുഖീമാരാം ഗോപികമാർ പാടിടുന്നു രാമ കൃഷ്ണ ദാമോദരാ എന്നിപ്രകാരം ഉദ്ഗായദീനം അരവിന്ദലോചനം വ്രജാങ്കനാം ദിവം അസ്പൃശൽ ധ്വനി ോഹനേ വഹനനേ മഥനോപലേരുതോക്ഷണമാർജനാദോ ഗതി ചൈനം അനുരക്തധിയ അശ്രുഗ്യ ധന്യാ വ്രജക്രം വ്രജസ്ത്രിയ ധന്യാം വ്രജസ്ത്രിയ ധന്യാ വ്രജസ്ത്രിയ ഉരുക്രമ ചിത്തയാ ധന്യകൾ എന്ന വാക്കിന് അരിഹയായിട്ടുള്ളവരെ വേറിയ സ്ത്രീകളാണ് ഈ അമ്പാടിയിലെ ഗോപിമാരാണ് പ്രമാണം ഹരി സാധ്യത ഭക്തി പ്രമാണം തത്രാ ഗോപിക ഹരി എന്ന് പറഞ്ഞാൽ എല്ലാ തരം മാനസിക സംഘർഷങ്ങളെയും ഹരിക്കാൻ കഴിവും കാരുണ്യവുമുള്ള ചൈതന്യമാണ് ഹരി എന്ന് പറഞ്ഞാൽ വെറുതെ ഹരി എന്നുള്ളത് വെറുതൊരു പ്രോപ്പർ നെയ്മല്ല അത് വെറൊരു പേരല്ല അതൊരർത്ഥമാണ് അർത്ഥമാണ് മനുഷ്യൻ്റെ മനസ്സിന് വല്ലാത്ത ചാഞ്ചല്യം മനുഷ്യ മനസ്സിൻ്റെ ഏറ്റവും പ്രകടമായ ഒരു ഭാവമാണ് ചാഞ്ചല്യം എന്നുള്ളത് ചാഞ്ചല്യമുള്ള മനസ്സിന് സ്ഥിരമായിട്ട് ഒരിടത്ത് ശാന്തിയുടെ ശ്രീപാദങ്ങളിൽ തന്നെ ഓം ശാന്തി ഓം ശാന്തി ഓം ശാന്തി സ്വയം സമർപ്പിക്കാൻ ബുദ്ധിമുട്ടുണ്ട് പക്ഷേ ഭഗവാനെ സർവാത്മന ആശ്രയിച്ച ഗോപിമാർക്ക് ജീവിതത്തിലെ ഏറ്റവും വലിയ ദുഃഖങ്ങൾ പോലും ആനന്ദാനുഭൂതിയായിട്ടാണ് തീരുന്നത് പടരിപ്പാട് നാരായണീയത്തിൽ പറയണില്ലേ ഏവം വിധൈ അത്ഭുത കേളി ഭേദ ആനന്ദമൂർച്ച അതുലാം വ്രജസ്യ പദേ പദേ നൂതനയൻ അസീമാം പരാത്മരൂപിൻ പരമേശാ പായ ഗോപിമാർക്ക് എന്ന് പറഞ്ഞാൽ എന്തോ ആത്മചൈതന്യം ആ രീതിയിലൊന്നും കാണാൻ വെച്ചല്ല അവർക്ക് കൃഷ്ണനെ കാണുമ്പോൾ കിഴിഞ്ഞ കിങ്ങിണിച്ചാർത്തും അഴിഞ്ഞോരുടയാടയും കാലിമേക്കും കോലും ഓടക്കുഴലും പുതുവെണ്ണയും കാലിൽ തളയുമായി നിൽപ്പു മൃദുസ്മേരമനോഹരൻ അങ്ങനെ ഒരു ഒരു കണ്ണനെ അവർക്ക് പരീക്ഷയുള്ളൂ പക്ഷേ പരാത്മരൂപിൻ പരമേശ ആ കാലിമേയ്ക്കുന്ന കണ്ണൻ പരാത്മരൂപിയാണ് പരമേശ്വരനാണ് കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്ന ആ ആ പഠിപ്പൊന്നും അവർക്കില്ല പഠിപ്പ് വേണ്ട പഞ്ചസാര എന്താണെന്നുള്ള പഠിപ്പ് നമുക്ക് ആവശ്യമില്ല പഞ്ചസാര നാവിൽപോ അതിൻ്റെ മാധുര്യം സ്മരിക്കാൻ അത് ആസ്വദിക്കാനുള്ള ഒരു കഴിവേ വേണ്ടു അത് ഗോപിമാർക്ക് കിട്ടിയിട്ടുണ്ട് മധുരാധിപതേ അഖിലം മധുരം ഇത് അവർക്ക് ജീവിതത്തിൽ അനുഭവമായിട്ടുണ്ട് हरीरी साध्यते भक्या प्रमाण तत्रा, का न तपोभ न वेद न ज्ञने भी, भी कर्मण हरि साध्यतेद ना महर्षिया अभिप्रायन इवें पर श्रीनारद महर्षि भक्ति सूत्र എന്ന പേരിൽ ഒരു ചെറിയ ഗ്രന്ഥം എഴുതിയാണ് ചെറുതാന്ന് പറഞ്ഞാൽ അതിലത്തെ അക്ഷരങ്ങളുടെ എണ്ണം മാത്രം വെച്ച് നോക്കിയാൽ അല്ലെങ്കിൽ വരികളുടെ എണ്ണം വെച്ച് നോക്കിയാൽ ചെറുത് ആകെ എൺപത്തേഴോ കുറച്ച് എൺപതിലധികം ചെറിയ ചെറിയ സൂത്രങ്ങളാണ് അതിലുള്ളത് അതിൽ അദ്ദേഹം അതെ പരമപ്രേമ രസാത്മിക ഭക്തി എന്ന് ഭക്തിക്ക് നിർവചനം കൊടുത്തിട്ട് എങ്ങനെ അതിന് ഉദാഹരണം പറഞ്ഞത് യഥാഗോപികാനാം എന്നാണ് പ്രമാണം തത്ര ഗോപികാ എന്ന് തന്നെ അവിടെയും നാരദ മഹർഷിക്ക് അല്ലെ നമുക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഓരോരോ സദസ്സിൽ വെച്ച് ആ സദസ്സിനെ നോക്കിക്കൊണ്ട് അഭിപ്രായമോ ഇല്ലെങ്കിൽ മാറുന്ന ഏർപ്പാടുകളുള്ളൂ നാരദമഹർഷിക്ക് ആരോട് എവിടെയും അത് ധൈര്യമായിട്ട് തുറന്നു പറയാം പ്രമാണം തത്ര ഗോപിക പരമപ്രേമ രസാത്മിക ഭക്തി ഭട്ടതിരിപ്പാട് ഒന്നും കൂടി പറഞ്ഞു ആ ഭക്തി എങ്ങനെയുണ്ടാവുക എന്ന് വരെ ഭക്ത ഭട്ടതിരിപ്പാട് പറഞ്ഞു ത്വൽ ഭക്തി സ്തു കഥാരസാ അമൃതചരീ നിർമജ്ജനേന സ്വയം സിദ്ധ്യന്തി വിമല പ്രബോധ പദവീം അക്ലേശതന്വദയാണ് അടിവര ആക്ലേശതന്വതി മറ്റു പലതിനും എന്തെല്ലാം ബുദ്ധിമുട്ടുണ്ട് യമം നിയമം ആസനം പ്രാണായാമം പ്രത്യാഹാരം ധാരണ ധ്യാനം സമാധി ഈ യോഗചര്യകൾ സ്വീകരിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് വളരെ ക്ലേശമുണ്ട് ക്ലേശം തീരാൻ വേണ്ടിയിട്ടാണ് മനസ്സിൻ്റെ എല്ലാ ക്ലേശവും തീരാൻ വേണ്ടിയിട്ട് നാം പല പല സാധനാനുഷ്ഠാനങ്ങൾ സ്വീകരിക്കുന്നു പക്ഷേ ആവക സാധനാനുഷ്ഠാനങ്ങൾ കുറെ കൂടി വഴി തെളിയിക്കുന്നു ഇത് ന തപോഭി തപസ്സുകൊണ്ട് ഈശ്വരനെ കാണാൻ സാക്ഷാൽ ബ്രഹ്മദേവന് പതിനായിരം ദിവ്യ ഇരുന്ന് തപസ്സു ചെയ്തിട്ടാണ് ഭഗവാനെ ഒരു നോക്ക് കാണാൻ സാധിച്ചത് അതേ സമയത്ത് വൃന്ദാവനത്തിൽ വന്നപ്പോഴോ ഒന്നും ഉണ്ടായില്ല ദ്രഷ്ടും അഞ്ചു മഹിത്വം ഭഗവാനോടൊരു കുസൃതിയാണ് തോന്നിയത് പൈക്കുട്ടികളെ മേക്കാനും പറഞ്ഞ് പോന്നിട്ട് ആളിരുന്ന് സുഖമായിട്ട് ഊണ് കഴിക്കണു അത് പറ്റുമോ പൈക്കുട്ടികളെ മറച്ചു അപ്പോൾ പിന്നെ എത്രയെത്ര കൃഷ്ണന്മാരെ കണ്ടു തത്രോദ്വഹൽ പശുപംശ ശിശുത്വനാട്യം ബ്രഹ്മാത്വയം പരം അനന്തം അഗാധബോധം വൽസാ സഖീനിവ പുരാ വിചിന്ൽകം സപാണി കബളം പരമേ്യചഷ്ടിഭ്രദ്ണു ജയോ ശൃംഗവേത്രേ ചേ പാണൗ മസളം തൽകുരീഷു തിഷന് മധ്യേ സ്വരി സുഹൃദോ ഹാസയസ്വൈ സ്വർഗേലോകെ മിഷതി ഭൂയേ യൂ ി അവിടുത്തേക്ക് ഇതൊക്കെ ഒരു കുട്ടികളി ഉലക് സൃഷ്ടിച്ച് ഹരിച്ച് സംഹരിച്ചിള കുന്ന ചില്ലിയുകൾ ഭംഗിയും അവിടുത്തെ പുരികക്കൊടിയുടെ നേരിയൊരു ചലനത്തിനിടയ്ക്ക് എത്രയെത്ര ബ്രഹ്മാണ്ട കടാഹങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു എത്രയെത്ര ബ്രഹ്മാണ്ട കടാഹങ്ങൾ സംരക്ഷിക്കപ്പെടുന്നു എത്രയെത്ര ബ്രഹ്മാണ്ട കടാഹങ്ങൾ സംഹരിക്കപ്പെടുന്നു ഇതൊക്കെ അവിടെ അവിടത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കേ ഭേദബുദ്ധികളുള്ളൂ സൃഷ്ടിയോട് സൃഷ്ടിപരമായ പ്രവൃത്തികളോട് ഒരു കമ്പം സംരക്ഷണത്തിലൂടെ അതിലേറെ ആവേശം സംഹാരം വരുമ്പോഴേക്കും അയ്യോ ആകെ തളർച്ച ഇല്ല ഭഗവാൻ ഇതെല്ലാം ലീല സൃഷ്ടിയും ലീലയാണ് സംരക്ഷണവും ലീലയാണ് സംഹാരവും ലീലയാണ് ഇങ്ങനെയുള്ള പരാത്മരൂപിൻ പരാത്മരൂപിയായ അവിടുത്തെ ലീലകളുടെ ആസ്വാദ്യത പൂർണമായിട്ടും അനുഭവിക്കാൻ സാധിച്ചത് ഗോപിക തോഭിശീ കർമ്മ ഭഗവാനെ സർവാത്മന ആശ്രയിക്കുമ്പോൾ മനസ്സിനുണ്ടാകുന്ന ആനന്ദരസം പൂർണ്ണമായിട്ട് ആസ്വദിക്കാൻ സാധിക്കണമെങ്കിൽ ഭക്തിയാ ഭക്തി കൊണ്ടേ പറ്റുള്ളൂ ന വ്യുൽപത്തിയാ ന ടീകയാ എന്ന വരെയൊക്കെ സജ്ജനങ്ങൾക്ക് അഭിപ്രായമുണ്ട് അനുസ് വായിച്ച കുറച്ച് ശ്ലോകങ്ങൾ പത്മപുരാണത്തിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടവയാണ് പത്മപുരാണത്തിൽ ശ്രീമത് ഭാഗവതത്തിൻ്റെ മാഹാത്മ്യത്തെ സൂചിപ്പിച്ചു കൊണ്ട് ആറ് അധ്യായങ്ങളുണ്ട് അതിൽ രണ്ടാമത്തെ അധ്യായത്തിലെ ആദ്യ ഭാഗത്തെ കുറച്ച് ശ്ലോകങ്ങളാണ് ഇവിടെ ചെല്ലിയത് ഇതുപോലെ സ്കന്ധപുരാണത്തിൽ ശ്രീമത് ഭാഗവതത്തിൻ്റെ മഹാത്മ്യത്തെ സൂചിപ്പിച്ചു ഒരു ഒരു നാല് അധ്യായം പ്രത്യേകമായിട്ട് എടുത്ത് പറഞ്ഞിട്ടുണ്ട് സാധാരണ ശ്രീമത് ഭാഗവത ഗ്രന്ഥത്തിൻ്റെ ആദ്യ ഭാഗത്ത് ഈ പത്മപുരാണത്തിൽ നിന്നെടുത്ത ആറ് അധ്യായങ്ങളും ഭാഗവതം എന്ന ഗ്രന്ഥത്തിൻ്റെ അവസാന ഭാഗത്ത് സ്കന്ധപുരാണത്തിൽ നിന്നെടുത്ത നാല് അധ്യായങ്ങളും ചേർക്കാറുണ്ട് ഭാഗവതത്തിൻ്റെ മഹാത്മ്യമായിട്ട് അതിൽ സ്കന്ധപുരാണത്തിലെ ഭാഗവതത്തിൻ്റെ മാഹാത്മ്യത്തിൽ കൂടുതലായിട്ട് വക്താക്കളുടെയും ശ്രോതാക്കളുടെയും പെരുമാറ്റ സംഹിത എന്ന് പറയട്ടെ എല്ലാറ്റിനും വേണമല്ല ഒരു ബിഹേവിയർ പാറ്റേൺ ഒരു ഡിസിപ്ലിൻ വേണമല്ലോ ശ്രോതാക്കൾക്ക് ആവശ്യമായ ഡിസിപ്ലിൻ വക്താക്കൾക്ക് ആവശ്യമായ ഡിസിപ്ലിൻ ഇത് കൂടുതൽ ഊന്നിക്കൊണ്ടാണ് സ്കന്തപുരാണത്തിൽ ഭാഗവത മഹാത്മ്യത്തെക്കുറിച്ച് അനുസ്മരിക്കുന്നത് അതിൽ വക്താക്കളെ മൂന്നോ നാലോ സമ്പ്രദായക്കാരായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട് അതുപോലെ ശ്രോതാക്കളെയും അത് നാലഞ്ച് സമ്പ്രദായക്കാരായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട് അതൊക്കെ നമുക്ക് സൗകര്യം പോലെ ഇടപോലെ ഇരുന്ന് നോക്കാവുന്ന കാര്യങ്ങളാണ് രസമുള്ള കാര്യങ്ങളാണ് നാം നമ്മുടെ ശ്രോത അല്ലെങ്കിൽ ശ്രോതാവ് എന്ന നിലയ്ക്ക് നാം ഇരിക്കുമ്പോൾ നമ്മുടെ പെരുമാറ്റ സമ്പ്രദായങ്ങൾ എന്തായിരുന്നു അഥവാ എന്ന നിലയ്ക്ക് ഭാഗവതത്തിൻ്റെ മുൻപിലിരിക്കുമ്പോൾ നാം ഏത് രീതിയിലാണ് പെരുമാറുന്നത് എന്നൊരു ആത്മവിമർശനം നടത്താൻ ആ ആ കാര്യങ്ങൾ സഹായിക്കും ഇവിടെ ഭക്തി ദേവിയും മഹർഷിയും തമ്മിലുള്ള നേർക്കുനേർ അങ്ങനെയൊക്കെ ഇല്ലേ ഇപ്പോൾ മുഖാമുഖം ഇതൊക്കെയാണല്ലോ ഇന്നത്തെ ഈ പരിഷ്കാര പദങ്ങൾ ഭക്തിയും നാരദനുമായിട്ട് ഒരു മുഖാമുഖം അഥവാ ആ ഒരു നേർക്ക് നേർ നമ്മൾ മുഖ്യമന്ത്രിയോട് സംസാരിക്കാം ഇങ്ങനെയൊക്കെയല്ലേ ടി വിയിൽ ഇതുപോലെ ഭക്തി ദേവിയോട് നമുക്ക് അല്പം സംസാരിക്കാം എന്നാണ് നാരദൻ പറയണത് നാരദൻ വാസ്തവത്തിൽ ഭക്തി ദേവിയോട് നാരദനെ അധികം സംസാരിച്ചിട്ടുള്ളൂ ഇവിടുത്തെ മുഖാമുഖം പലപ്പോഴും ഇൻ്റർവ്യൂവിൽ പറ്റാറുണ്ട് ആ ഇൻ്റർവ്യൂ ചെയ്യണ ആളാണ് അധികവും ഇപ്പുറത്ത് അതിന് മറുപടി പറയണ എന്താ അത് കേൾക്കാനാണ് നമ്മളിരിക്കുന്നത് പക്ഷേ ഇൻ്റർവ്യൂവർ അയാളുടെ യോഗ്യത പലപ്പോഴും കാണിക്കുക അതൊരു പ്രകടനമാണ് പക്ഷേ ഇവിടെ നാരദ മഹർഷി അതല്ല പ്രകടനത്തിന് വേണ്ടിയിട്ടല്ല ആ ഭക്തിക്ക് നഷ്ടപ്പെട്ടു പോയ ഉന്മേഷം എന്ന് പറയട്ടെ അത് വീണ്ടെടുത്ത് വീണ്ടെടുക്കാൻ വേണ്ടി ആ ഭക്തിയുടെ യോഗ്യതകളെക്കുറിച്ച് നാരദ മഹർഷി ഭക്തിയെ തന്നെ ഓർമ്മിപ്പിക്കുക ഹനുമാൻ എത്ര കണ്ട് യോഗ്യതയുണ്ട് ഹനുമാനെ ഒന്നും കണ്ട് ഓർമ്മിച്ചപ്പോഴേ ഹനുമാൻ ഒരു പ്രയാസവും കൂടാണ്ട് അക്കരെ ലങ്കയിൽ ചാടി ചെന്ന് അവിടെ സീതാദേവിയെ കണ്ട് ഈ രാമചന്ദ്രൻ കൊടുത്തയച്ച ആ അങ്കുലീയകം നൽകാനും പകരം ദാ സീതാദേവിയുടെ ആ ശിരോ മൗക്തികം തിരികെ കൊണ്ടുവരാനുമൊക്കെ സാധിച്ചുള്ളൂ ഇതുപോലെ പലർക്കും ജന്മനാ സിദ്ധിച്ച കഴിവുകൾ നമ്മുടെ മാത്രം പ്രയത്നം കൊണ്ട് ചിലപ്പോൾ വികസിച്ചു വരില്ല സജനങ്ങളുടെ സൽഗുരുനാഥന്മാരുടെ അനുഗ്രഹം കൊണ്ടാണ് ഈ